തന്റെ മാതാപിതാക്കളോട് നിങ്ങൾക്കെന്റെ ശല്യം എനിക്ക് മുൻപ് എത്രയോ തലമുറകൾ കടന്നുപോയിട്ടും ഞാൻ പുറത്തെടുക്കപ്പെടുമെന്ന് നിങ്ങളെനിക്ക് വാഗ്ദാനം ചെയ്യുന്നുവോ എന്ന് പറയുന്നവൻ അതേസമയം അവർ അള്ളാഹു സുബഹാനുഹുവത്ത് ആലായോട് സഹായം തേടുകയും ചെയ്യുന്നു അവനോട് പറയപ്പെടും നിനക്ക് നാശം നീ വിശ്വസിക്കുക തീർച്ചയായും അള്ളാഹു സുബാനുഹുവത്ത് ആലായുടെ വാഗ്ദാനം സത്യമാണ് എന്നാൽ അവൻ പറയും ഇതൊക്കെ മുൻഗാമികളുടെ കെട്ടുകഥകൾ മാത്രമാണ്